അവർക്കായി ശാശ്വതമായ സ്വർഗ്ഗത്തോപ്പുകളുണ്ട് അവയുടെ താഴെയായി അരുവികൾ ഒഴുകുന്നു അവിടെ അവർ സ്വർണക്കടകൾ ധരിക്കുകയും പട്ടുനൂലുകൊണ്ടുള്ള പച്ച വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യും അവർ അവിടെ സുഖാസനങ്ങളിൽ ചാരിയിരിക്കും എത്ര നല്ല പ്രതിഫലമാണത് എത്ര നല്ല വിശ്രമസ്ഥലവുമാണത്